ാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വെള്ളിയാഴ്ചയും ദൈവസന്നിധിയിലെ പല സ്ഥലങ്ങളിലിരുന്നാണെങ്കിലും ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിപ്പാനും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ അറിയിപ്പാനും ഒക്കെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദിയുള്ളവനായിട്ടായിരിക്കും നമ്മുടെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥന ഈ മാസത്തെ ജൂൺ മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയാണ് നമുക്ക് നമ്മുടെ ഈ കോവിഡ് കാലം വന്നു നമ്മൾ ജൂൺ മാസവും കടന്നു പോവുകയാണ് അതിൻ്റെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് എത്ര നാളാണ് ഇനി നമ്മളിങ്ങനെ കൂടുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല എന്നാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം അറിയുന്ന വലിയവനായ ദൈവം നമ്മുടെ പിതാവാണ് അവിടുന്ന് തക്ക ഭംഗിയായി ചെയ്യും എന്ന വിശ്വാസത്തോടെ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവോജനം തിന് ചുറ്റാകെ ആയിരിക്കാം നമ്മളെ വെള്ളിയാഴ്ചകളിൽ കൂടുമ്പോൾ നമ്മൾ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തോട് ചേർത്ത് കൂരിരൽ താഴ്വരയിൽ കൂടി കടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പല സ്ാട്ടിലെ വിവിധ താഴ്വരകളെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ പല ചിന്തിച്ചു വന്നത് ബൈബിൾ സ്റ്റഡി എന്നുള്ള നിലയിൽ ബൈബിളിൽ താഴ്വരകളെക്കുറിച്ച് പറയുന്ന ഓരോന്നും ഓരോ ആഴ്ച വീതം ചിന്തിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വിധിയുടെ വിശാല താഴ്വരയിൽ അന്ത്യനാളിൽ നടക്കുന്ന താഴ്വരയിൽ നടക്കുന്ന അന്യായ വിധിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് നമ്മളാ പഠനം ഏറെക്കുറെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്നുമുതലേ നമുക്ക് സാഹിഖാൻ്റെ പുതിയൊരു പുസ്തകം ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യാം എന്നുള്ള ആ പ്രസിദ്ധമായ പുതിയ ആ പുസ്തകം നമുക്ക് അതിനെ ഉപജീവിച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ബൈബിളില് പഠനത്തിനായിട്ട് നമുക്കത് ഉപയോഗിക്കാം നമുക്ക് പത്തായി എഴുതിയ സേശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ഒരു കൊച്ചുവാക്യമാണ് കൊച്ചുവാക്യം ഇങ്ങനെയാണ് പത്തായി ഇരുപത്തി നാല് മുപ്പത്തേഴ് ോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാവും നോഹയുടെ കാലം നമ്മൾ പലപ്പോഴും പറഞ്ഞല്ലോ നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത അന്നുണ്ടായ ജലപ്രളയം അറിയുന്ന ഈ ലോകത്തെ മുഴുവൻ മൂടി മുഴുവൻ ലോകത്തെയും കീഴ്പ്പെടുത്തിയ ഒരു ജലപ്രളയമായിരുന്നു നോഹയുടെ കാലത്തുണ്ടായിരുന്നത് എന്ന് പറഞ്ഞതുപോലെ ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ആ കാലഘട്ടം കഴിഞ്ഞ് ലോകത്തെ മുഴുവൻ ഇതുപോലെ ബാധിച്ച മറ്റൊരു രംഗമില്ല ഈ കോവിഡ് പോലെ എല്ലാ രാജ്യങ്ങളെയും അറിയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളെയും ബാധിച്ച മറ്റൊരു കാര്യമില്ല അപ്പം നോഹയുടെ കാലം പോലെ വരുമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു എന്നൊക്കെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമുക്ക് ദൈവോചനത്തിൽ നിന്ന് നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനൊപ്പമായി തീരാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ദൈവപഠനത്തിനായിട്ട് ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് തിരികേം ചെയ്യാം ഇവിടെ ഇതാ നോഹയുടെ കാലം പോലെയാണ് ഈ കാലമെന്ന് പറയുമ്പോൾ നമ്മൾ നോഹയുടെ കാലത്ത് അക്ഷരാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കുക നമ്മൾ നോഹയുടെ കാലത്താണ് ജീവിച്ചിരുന്നത് ദൈവം ചെയ്യുന്ന ആ പ്രവൃത്തി ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ജലപ്രളയം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കാനായിട്ട് താൻ തുനിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ തീർച്ചയായും നോഹയുടെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മളെ പെട്ടകം പണിയാൻ നോഹയെ സഹായിക്കാൻ നമ്മുടെ സമയമെല്ലാം മാറ്റി വയ്ക്കുമായിരുന്നു കാരണം ആ കാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരേ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് ആ പെട്ടകമാണ് ആ പെട്ടകം പണിഞ്ഞ് ആ പെട്ടക മാത്രമേ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്തേനെ നോഹയെ പെട്ടകം പണിയാനായിട്ട് സഹായിച്ചേനെ എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുന്നു നോഹയുടെ കാലം പോലെ ഒരു കാലത്തായിരിക്കുന്നു ഇന്ന് ഭൂമിയിൽ നമ്മൾ അന്ന് നോഹയുടെ പെട്ടകം പണിയാൻ സഹായിക്കുമായിരുന്നു എന്ന് പറയുന്നത് പോലെ അതിനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഈ കാര്യമാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ കർത്താവായി യേശു സഭ പണിയുക എന്നതിനായിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത് കാരണം ഈ സഭയാണ് ഈ ഇന്നത്തെ ഈ പ്രയാസത്തിലൂടെ ദൈവത്തിൻ്റെ ന്യായവിധിയിലൂടെ മനുഷ്യർക്ക് അതിനെ അതിജീവിച്ച് കടന്നു പോയി കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് രണ്ട് കാഴ്ചപ്പാടുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ആഗോള സാർവത്രിക സഭയാണ് എന്നു വച്ചാൽ കർത്താവിൻ്റെ ഒന്നാം വരവിന് ശേഷം കർത്താവ് രണ്ടാമത് വരെ ആരെല്ലാം ലോകത്തിൽ എവിടെയെല്ലാം കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച് കർത്താവിനോട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുമോ അവരെ എല്ലാം ചേർത്ത് പരിശുദ്ധാത്മാവ് ഒരു ആഗോള സാർവത്രിക സഭ പണിതുകൊണ്ടിരിക്കും അപ്പോസ്തല പ്രവർത്തി രണ്ടാമധ്യായ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ രക്ഷിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന പോലെ ഇന്ന് ലോകമെമ്പാടും ഒരു അദൃശ്യമായ ഒരു ആഗോള സാർവത്രിക സാർവദേശീയ സഭയുടെ ഭാഗമായിട്ട് ദൈവം രക്ഷിക്കപ്പെടുന്ന ആളുകളെ കർത്താവിനായിട്ടൊരു ഹൃദയമുണ്ട് കർത്താവിനായിട്ട് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ ചേർത്ത് ആ സഭ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് ഈ അദൃശ്യമായ സഭ പണിയാനായിട്ട് കഴിയില്ല മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ആഗോള സഭയുടെ അതായത് രക്ഷയും സ്നാനവും കർത്താവിനോടുള്ള പൂർണ്ണമായ ആ വിധേയത്വം ഒക്കെ പറയുന്ന ആഗോള സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രാദേശിക സഭ പണിയാനാണ് നോഹയുടെ കാലത്ത് പെട്ടെന്ന് പണിതപോലെ ഇന്ന് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക സഭ പണിയുക ആ പണിയാൻ പണിയുന്നത് ദൈവം ആയിരിക്കണം പണിയേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ വേണം അത് പണിയാൻ പുതിയ ഉടമ്പടിയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് വേണം ഇന്ന് സഭ പണിയേണ്ടത് എന്നാൽ ഇന്നത്തെ പലയിടത്തെയും പ്രാദേശിക സഭകള് പല സഭകള് ക്രിസ്തീയ സഭകളുടെ പണിയിലൊക്കെയും ആ പുതിയ ഉടമ്പടിയുടെ പ്രമാണങ്ങളാണോ അങ്ങനെ അല്ല അവരിൽ പലരും ഇന്ന് ലോകത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന അതേ രീതിയിലാണ് ഇന്ന് ക്രിസ്തീയ സഭകളുടെ പണികൾ പലരും നടത്തിക്കൊണ്ടു ചില ഉദാഹരണങ്ങൾ നമ്മൾ അക്കം ഇട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം ചില വൻകിട കമ്പനികൾ അതിൻ്റെ നടത്താനായിട്ട് സിഇഒമാരെ സിഇഒമാരെ നിയമിക്കുന്നത് പോലെ ഇന്ന് പല സഭകളും പാസ്റ്റർമാരെ നിയമിക്കുന്നു അത് ഈ ലോകത്തിൻ്റെ ഒരു രീതിയാണ് വൻകിട കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികൾ സിഇഒമാരെ നിയമിക്കുന്നു അതുപോലെ സഭയെ ഒരു പ്രസ്ഥാനമാണ് അത് നടത്തിക്കൊണ്ട് പാസ്റ്റർമാരെ നിയമിക്കുന്നു എന്നാൽ ബൈബിൾ അങ്ങനെയാണോ പറയുന്നത് പുതിയ ഉടമ്പടിയിൽ പുതിയ നിയമത്തിൽ അങ്ങനെയാണോ കാണുന്നത് പുതിയ നിയമത്തെ കാണുന്നതിനേക്കാളും ഇന്നത്തെ ലോകത്തിൽ പല പ്രസ്ഥാനങ്ങളും നടത്തുന്നവരെയാണ് ഇന്ന് സഭയുടെ പണി നടത്തുന്നു എന്ന് പറയുന്നവരൊക്കെയും അനുകരിക്കുന്നത് അതുപോലെ ഈ നമ്മൾ നോക്കുക കമ്പനികൾ സിഇഒമാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ ഇന്ന് പാസ്റ്റർമാർക്ക് ശമ്പളം കൊടുക്കുന്നു അതുപോലെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന കൂടുതൽ അന്തസ്സുള്ള കമ്പനികളും ബിസിനസ് എക്സിക്യൂട്ടീവ്മാർ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇന്ന് മിക്ക പാസ്റ്റർമാരും കൂടുതൽ ശമ്പളം നൽകുന്ന വലിയ സഭകൾ തിരഞ്ഞെടുക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ രീതിയിൽ ലോകത്തിലെ കമ്പനികളിൽ എന്ന പോലെ ഇന്ന് സഭാപ്രവർത്തനങ്ങളിലും പണം ഒരു മുഖ്യഘടകമായി മാറിയിരിക്കുക അതുപോലെ തന്നെ ഈ ലോകത്തിലെ കമ്പനികളിലെ ജോലിക്ക് കോളേജ് വിദ്യാഭ്യാസം അനിവാര്യമായിരിക്കുന്നത് ക്രിസ്തീയ സഭകളുടെ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കും ബൈബിൾ സെമിനാരികളിലെ പഠനം ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുന്നു സത്യത്തിൽ ഈ ബൈബിൾ സെമിനാരിയിലെ പഠനം ഉണ്ടെങ്കിലേ ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽപ്പിക്കൂ എന്ന് വന്നാൽ ഈ രീതി ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിൻ്റെ പതിനൊന്ന് ശിഷ്യന്മാർ ഒരാൾക്ക് പോലും എന്താകാൻ കഴിയുമായിരുന്നില്ല ക്രിസ്തീയ പ്രവർത്തനം നടത്താനുള്ള യോഗ്യത നേടുമായിരുന്നില്ല കാരണം അവരാരും അങ്ങനെയൊരു സെമിനാർ പഠനം ഒന്നും നടത്തത്തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരെല്ലായിരുന്നല്ലോ ആ പതിനൊന്ന് ശിഷ്യന്മാരും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നടത്തിപ്പും അന്വേഷിക്കാതെ ഇന്ന് സഭകൾ പലതും നടത്തിക്കൊണ്ട് ലോകത്തിന്റെ മാനേജ്മെന്റ് തന്ത്രങ്ങളാണ് പിൻപറ്റുന്നത് ചുരുക്കത്തിൽ നമ്മളക്കമിട്ട് പറഞ്ഞത് എന്താ ഇന്ന് സഭ നോഹയുടെ കാലത്ത് പെട്ടകം പണിയുന്നത് പോലെ ഇന്ന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ശരി നമ്മളത് ചെയ്യണം അത് ഒരു പ്രാദേശിക സഭ നമ്മുടെ കൺമുൻപിൽ കാണുന്ന ദൃശ്യമായ ഒരു സഭയുടെ പണിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കേണ്ടത് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആ പണിക്കായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിൽ കാണുന്ന ബൈബിളിൽ നമ്മൾ കാണുന്ന ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ സഭയില് നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിലും നമ്മൾ വായിക്കുന്നത് അതേ രീതി ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഈ നിലയിലെ ക്രിസ്തീയ പ്രവർത്തനം ചെയ്യാൻ അല്ലാതെ ലോകത്തിൻ്റെ ലോകം ഒരു കോർപ്പറേറ്റ് കമ്പനി അതിന് സിഇഒയെ നിയമിച്ചതുപോലെ ഒക്കെ പാസ്ടമാരെ നിയമിച്ചും അവർക്ക് ശമ്പളം കൊടുക്കുകയും കൂടുതൽ മുന്തിയ വാഗ്ദാനം ചെയ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നിടത്തേക്ക് മാറിപ്പോകുന്നതുപോലെ ഉള്ള മാറിപ്പോകലും പണം മുഖ്യഘടകമായിട്ട് എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസം പോലെ സെമിനാരിയിലെ പഠനം ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായിട്ട് കാണുന്നതും ലോകത്തിൻ്റെ മാനേജ്മെൻറ്റ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതും ഈ നിലയിൽ സഭ പണിയാനായിട്ട് ഉപയോഗിച്ചാൽ അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നതിനെ നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾ നോഹയുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പെട്ടകം പണിയാനായിട്ട് കൂടുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ നോഹയുടെ കാലം പോലുള്ള ഈ കാലത്ത് സഭയുടെ പണിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ തന്നെ ഈ സഭയുടെ പണിക്ക് ലോകത്തിൻ്റെ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ദൈവവചനത്തിൽ കാണുന്ന ആ പ്രമാണമനുസരിച്ച് വേണം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ വേണം നമ്മൾ ചെയ്യാൻ പ്രിയമുള്ളവർ ഇന്ന് പലരും സഭകളുടെ പ്രാദേശിക സഭകളുടെ പണി ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്ന പലരും ലോകത്തിൻ്റെ മാനേജ്മെൻ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ചും ലോകത്തിൻ്റെ രീതി അനുസരിച്ചുമാണ് ചെയ്യുന്നത് ദൈവജനത്തിൻ്റെ രീതി അനുസരിച്ചല്ല ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലർ പറയും നമ്മളങ്ങനെ ആരെയും വിധിക്കരുത് എന്ന് പറയും മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായം ഒന്നിലെ ഒരു ഒരു വാക്യമാണ് വിധിക്കരുത് വിധിക്കരുത് അതൊരു ആ പ്രമാണം സത്യത്തിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വിധിക്കരുതെന്ന് പറഞ്ഞാൽ മറ്റ് ക്രിസ്ത്യാനികളിലോ മറ്റ് സഭകളിലോ കാണുന്ന തെറ്റായ കാര്യങ്ങളെ ഒന്നും അതിനെതിരെയൊന്നും നമ്മൾ വിരൽ ചൂണ്ടാൻ പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അങ്ങനെ കേട്ടാൽ നമ്മൾ വിധിക്കരുത് ആരുടെയും തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ ഉപദേശമായിട്ട് തോന്നാം എന്നാൽ ദൈവവചനം നമ്മൾ ശരിക്കു നോക്കുമ്പോൾ അങ്ങനെയല്ല കർത്താവ് എന്ത് ചെയ്തിരുന്നു കർത്താവിൻ്റെ പരീശന്മാരുടെ തെറ്റായ പ്രവണതകൾക്ക് നേരെ കർത്താവ് കർശനമായിട്ട് വിരല് ചൂണ്ടിയിരുന്നു പുതിയ നിയമത്തിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഏഴ് സഭകൾക്കുള്ള തൂതിൽ അഞ്ച് സഭകളെയും അഞ്ച് സഭകളെയും അഞ്ച് സഭകളുടെ നേതാക്കളെയും അവരുടെ തെറ്റുകൾ തുറന്നു കാട്ടി വിമർശിക്കാൻ തന്നെ കർത്താവ് ആരോട് ആവശ്യപ്പെട്ടു യോഹനോട് ആവശ്യപ്പെട്ടു എന്നതന്നല്ല അവരെ വിമർശിക്കുന്ന ഈ അഞ്ച് സഭകളെ വിമർശിക്കുന്ന ആ കത്തുകൾ രഹസ്യമാക്കി അല്ല പറഞ്ഞത് മറിച്ച് ആ ഏഷ്യാ മൈനാറിലെ ആ മേഖലകളിലെ എല്ലാ സഭകൾക്കും ഈ കത്ത് അയക്കാൻ കർത്താവ് എന്തു ചെയ്യുന്നു യോഹന്നാനോട് ആവശ്യപ്പെടുന്നു പിന്മാറ്റത്തിലായ ഈ സഭകളും അവയുടെ നേതാക്കന്മാരും അവര് ഈ കാര്യങ്ങൾ അവരുടെ പിന്മാറ്റത്തെ മനസ്സിലാക്കണം അതുപോലെ തന്നെ അവരുടെ തെറ്റുകൾ മറ്റുള്ളവരെയും വായിച്ച് മനസ്സിലാക്കി എന്ത് വേണം അതവരും ഒരു പാഠമായിട്ടെടുത്ത് അവരും അങ്ങനെയുള്ള പ്രവണതകൾ എന്തെങ്കിലും തങ്ങളിലുണ്ടോ എന്ന് പരിശോധിച്ച് നന്നായി പോകാൻ വേണ്ടിയാണ് എല്ലാ സഭകൾക്കും ആ വിമർശന കത്തുകൾ അയച്ചു കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആ അതിൻ്റെ അകത്ത് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നോക്കുക വളരെ കർശനമായിട്ടൊക്കെയാണ് ദൈവം അവിടെ പറയുന്നത് മൂന്നാമധ്യായം ഒന്നിൽ അവിടെ പറയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു സഭയുടെ ദൂതനോട് പറയുക നോക്കുക നീ മരിച്ചവനാണ് നീ ചത്തവനാണ് നിനക്കൊരു പേര് മാത്രമേ ഉള്ളൂ എന്നാൽ പറയുന്ന അത് ആ കത്ത് ആ സർവീസിലെ സഭയുടെ ദൂതന് രഹസ്യമായിട്ട് കൊണ്ട് കൊടുക്കുകയല്ല മറിച്ച് എന്താ അവിടെയുള്ള എല്ലാവരും വായിക്കത്തക്കവണ്ണമാണ് അത് രേഖപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഓർക്കണം മൂന്നിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ ലവോദിക്കയിലെ സഭയുടെ ദൂതനോടും പറയുന്നത് എന്താ ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു ഒന്നിനു മുട്ടില്ല എന്ന് പറഞ്ഞ് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും ആണെന്ന് അങ്ങ് പറഞ്ഞിരിക്കുക ആ ലെവൂദിക്ക സഭയ്ക്കുള്ള ആ കത്തും രഹസ്യമായിട്ട് കൊണ്ട് കൊടുക്കുകയല്ല മറിച്ച് പരസ്യമായിട്ട് പറയുക പറഞ്ഞു വന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവര് നമ്മൾ ക്രിസ്തീയലോകത്തുള്ള തെറ്റായ പ്രവണതകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അതിൽ തെറ്റൊന്നുമില്ല ആളുകളെ വ്യക്തിപരമായിട്ട് നമ്മൾ വിധിക്കണ്ട ആളുകളെ നമ്മൾ അവരുടെ നേരെ വ്യക്തിപരമായിട്ട് വിരൽ ചൂണ്ടണ്ട പക്ഷേ നമ്മൾ ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ള തെറ്റായ പ്രവണതകളെ നമ്മൾ തുറന്നു കാട്ടണം എന്നാൽ മാത്രമേ ആളുകളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിൽ പ്രത്യേകിച്ചും ഗലാത്തേർക്കെഴുതിയ ലേഖനം ഒന്ന് കോരിന്റ് എന്നീ ലേഖനങ്ങൾ നോക്കുക അവിടെ ഉള്ള പ്രവണതകളെ പൗലോസും തുറന്നു കാട്ടി തുറന്നു കാട്ടിയെന്ന് തന്നെ അല്ല ഈ ഇരുപത് നൂറ്റാണ്ടായിട്ട് എത്രയോ പേരത് വായിക്കുന്നു അപ്പോ വിധിക്കരുത് അതുകൊണ്ട് നമ്മൾ ആരോഗ്യയെക്കുറിച്ചും തെറ്റായ പ്രവണതകൾക്ക് നേരെ ഒന്നും വിരൽ ചൂണ്ടരുത് എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ ഉപദേശമാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഇന്ന് സഭയുടെ പണിയിൽ ഈ ലോകത്തിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയല്ല മറിച്ച് ദൈവവചനത്തിൽ എന്തെല്ലാം കാണുന്നു അതനുസരിച്ച് മാത്രമേ നമ്മൾ എന്തു ചെയ്യും കൊണ്ടുപോകാവൂ സഭകളെ കൊണ്ടുപോകാവൂ സഭയിൽ ഇന്നത്തെ കോർപ്പറേറ്റ് കമ്പനിയുടെ സിഇഒയെ പോലെ ഒരു പാസ്രയെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു കേന്ദ്രത്തിൽ നിന്ന് ഒരാളെ വിടുകയോ ഒക്കെ നമ്മൾ ലേഖനങ്ങളിൽ അങ്ങനെ കാണുന്നില്ല ഓരോ പ്രാദേശിക സഭയ്ക്കും അവിടെയുള്ള മൂപ്പന്മാരെ തന്നെയാണ് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നത് അതുപോലെ ഒരു കേന്ദ്രത്തിലിരുന്ന് അതിനെ ഭരിക്കുകയോ അവിടെ അധികാരത്തിൽ വരാനായിട്ട് വോട്ടെടുക്കുകയോ ഇങ്ങനെയുള്ള പ്രവണതകളൊന്നും നമ്മൾ ബൈബിളിൽ കാണുന്നില്ല പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടി ഇന്നത്തെ പല സുവിശേഷവിഹിത സഭകൾക്കും ഈ പ്രവണതകളൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചത് ലോകത്തിലെ പലതിൽ നിന്നാണ് ലഭിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മൾ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാവണം അതുകൊണ്ട് കൃസീയ പ്രവർത്തനം ദൈവത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സഭയുടെ പണി ദൈവം അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ള കാര്യമാണ് സാഹ്ബേറ് താന് തൻ്റെ ജീവിതത്തിൽ ഈ സഭയുടെ പണിയുടെ ആവശ്യകത തനിക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന സി എഫ് എന്നൊന്ന് ആരംഭിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് താന് തൻ്റെ അനുഭവം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒരു നേവൽ ഓഫീസർ എന്നുള്ള ജോലി രാജിവെച്ച് താന് മുഴു സമയ ക്രിസ്തീയ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി അപ്പോൾ അന്ന് തൻ്റെ വിചാരം എല്ലാവരും ഈ സുവിശേഷ വിഹിത സഭകളെല്ലാം പുതിയ ഉടമ്പടിയിലെ പ്രമാണമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെയായിരുന്നു തൻ്റെ ധാരണ പക്ഷെ പല സഭകളെയും അടുത്തറിഞ്ഞപ്പം എന്ത് എന്തു പറ്റി പലരും പണമാണ് പണത്തിന് വേണ്ടിയുള്ള ആ നിലയിലുള്ള താല്പര്യങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങൾ ഇതെല്ലാമാണ് പലയിടത്തും നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ പൗലോസ് എന്നൊരു അപ്പോ സ്ഥലം താൻ സഭകളിൽ നിന്ന് പണമെടുക്കാതെ താൻ തന്നെ അധ്വാനിച്ച് താൻ തന്നെ പിന്തുണച്ച് അങ്ങനെ പോവുകയായിരുന്നു എന്നൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ ജീവിക്കേണ്ടത് പുതിയ ഉടമ്പടിയുടെ രീതി അനുസരിച്ചല്ലേ വേണ്ടത് അതുപോലെ പ്രാദേശിക സഭകളുടെ ചുമതല കേന്ദ്രത്തിൽ നിന്ന് അയക്കുന്ന ഒരു പാസ്റ്റർ നടത്തി മൂന്ന് വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തെ സ്ഥലം മാറ്റി മറ്റൊരാളെ അയക്കുന്ന രീതിയൊക്കെ ഈ ലോകത്തിൻ്റെ രീതികളല്ലേ എന്ന് താൻ സംശയിച്ചു എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ലഭിക്കുന്നതുവരെ താനായിട്ടൊരു മുന്നോട്ട് പോകാതെ താൻ കാത്തു നിന്നു ജനുവരിയിൽ സാഹ്ബറിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചു ആയിരത്തി ഓഗസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂരിലെ വീട്ടിൽ ഈ സി എഫ് ആദ്യത്തെ കൂടി വരവ് ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭിക്കുമ്പം അവർ അന്നാഗ്രഹിച്ചത് ദൈവവചനം പറയുന്ന പോലെ മാത്രം പോയാൽ മതി പണമോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകളോ നമ്മൾ ഉപയോഗിക്കേണ്ട ദൈവവചനം എന്ത് പറയുന്നു അതനുസരിച്ച് പോയാൽ മതി പ്രത്യേകിച്ച് അപ്പോസ്തലായ പൗലോസൊക്കെ കാണിച്ച പണത്തോടും ഒക്കെയുള്ള ആ മാതൃക പിൻപറ്റി മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ചു അന്നുമുതൽ തന്നെ മറ്റ് സഭകളിൽ നിന്ന് ഇതിനെ ദുരുപദേശക്കാരെന്നും വിഘടനവാദികളെന്നും ഒക്കെയുള്ള മുദ്ര കുത്തി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്നാൽ ദൈവം ഈ സഭയെ മുന്നോട്ട് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഇന്ത്യയിൽ എല്ലായിടത്തും കേരളം ഉൾപ്പെടെ ഈ സഭകളിൽ സ്ഥാപിക്കാനുമൊക്കെ ദൈവം ഇടയാക്കി അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ ബ്രദർ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവോചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അന്ത്യകൽപ്പന അന്ത്യകൽപ്പന നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തെ നോക്കുമ്പം മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയായിട്ട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്ന് സമകാലിക ക്രിസ്തീയ സമൂഹത്തെ നോക്കിയപ്പം സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോകുന്നത് എല്ലാ ക്രിസ്തീയ സഭകളും അവരുടെ ഒരു ദൗത്യമായിട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയിലെ രണ്ടാമത്തെ ഒരു ഊന്നൽ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് അവിടെ എന്താ നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് അപ്പം ഈ രണ്ട് ഭാഗങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അവസാനത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം അവസാനത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനെട്ട് ഇരുപത് വാക്യങ്ങൾ ഈ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യ രണ്ട് തലങ്ങൾ കാണാൻ കഴിയും ഒന്നെന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക രണ്ടെന്ന് പറയുന്നത് ശിഷ്യരാക്കിക്കൊള്ളുക അന്ന് സി എഫ് സഭ നോക്കിയപ്പോൾ എല്ലാവരും സുവിശേഷീകരണത്തിൽ ഊന്നലുണ്ട് പക്ഷേ ശിഷ്യത്വം എന്ന കാര്യത്തിൽ തീരെ ഊന്നലില്ല അതുകൊണ്ട് ക്രിസ്തീയതയ്ക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ശിഷ്യത്വത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് അപ്പോൾ അത് പുനഃസ്ഥാപിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ ആ ശിഷ്യത്വത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിയാനായിട്ട് ഇടയായി ഞാൻ മത്ത എഴുതി സുശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ ആണ് നമ്മൾ അവിടെ സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നില്ല നിങ്ങൾ എന്ത് വേണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഇതാണ് കർത്താവിൻ്റെ വാക്യങ്ങൾ അതുകൊണ്ട് സമകാലിക ക്രിസ്തീയ സമൂഹത്തിന് നഷ്ടമായി പോയ ശിഷ്യത്വത്തിന്റെ ഉപദേശത്തിന് ഊന്നൽ നൽകി മുന്നോട്ട് പോവുക അങ്ങനെ ഒരു സഭയായിട്ട് നിൽക്കുക അങ്ങനെയുള്ള സഭയായിട്ട് നിൽക്കുമ്പം തന്നെ ആ സഭ നടത്തേണ്ടത് പുതിയ ഉടമ്പടി നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം അല്ലാതെ ലോകത്തിൻ്റെ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ അനുസരിച്ചാകരുത് എന്നുള്ള ബോധ്യത്തോടെ അന്ന് ആരംഭിച്ചതാണ് ഇന്നും ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ തുടരുവാൻ ദൈവം ഇടയാക്കുന്നു അപ്പം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവത്തിൻ്റെതായ വഴിയിൽ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടുള്ളത് എന്നാണ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്തിമ കൽപ്പനയ്ക്ക് രണ്ട് ഊന്നലുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സുവിശേഷീകരണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മത്തായി ഇരുപത്തിയെട്ടാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ കർത്താവ് ശിഷ്യത്വത്തെക്കുറിച്ചാണ് ആ കാര്യം മാത്രമാണ് അവിടെ പറയുന്നത് എന്ന് കാണാൻ കഴിയും നമ്മൾ ആ വാക്യങ്ങൾ വായിക്കാം യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ഞാനോ ലോകാവസാനത്തോളമോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു പ്രിയപ്പെട്ടവർ ഇവിടെ ഈ ശിഷ്യത്വത്തിൻ്റെ ആ നിയോഗം നൽകുന്ന ഈ മറ്റേ ഇരുപത്തെട്ട് പതിനെട്ട് മുതൽ ഉള്ള ആ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ നിന്ന് ഒരു ഏഴ് കാര്യങ്ങളെങ്കിലും നമുക്ക് വേണമെങ്കിൽ അക്കമിട്ട് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുക്കാമെന്ന് തോന്നുന്നു ഒന്നാമത് കർത്താവ് പറയുന്നത് സകല അധി അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് ഇത്തരം ഒരു ശിഷ്യത്വത്തിന് ഊന്നൽ നൽകുന്ന കൃഷിയതയിലെ സമകാലിക കൃത്യീയതയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഊന്നല് തിരിച്ചെടുക്കാനായിട്ട് ആ ഒരു ഭാരത്തോടെ നമ്മളങ്ങനെ ഒരു സഹപ്രവർത്തനത്തിനായിട്ട് പോകുമ്പോൾ നമ്മളെ ഒന്നാമത് ശക്തിപ്പെടുത്തേണ്ട കാര്യം എന്താ നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് നമുക്ക് ധൈര്യം തരേണ്ട ഒരു കാര്യം കർത്താവ് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നമ്മൾ എവിടെങ്കിലും ഒരു നീട് കണ്ടുകൊണ്ട് പോയി ഒരാവശ്യം കണ്ടുകൊണ്ട് പോയി പ്രവർത്തിക്കുന്നതല്ല മറിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സഭയുടെ പണിയിൽ ഏർപ്പെടേണ്ടത് ഓ സകല അധികാരവും കർത്താവിനാണ് കർത്താവാണ് സഭയെ പണിയുന്നത് പത്താ എഴുതി സുവിശേഷം പതിനാറാമധ്യായ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പാതാള ഗോപുരങ്ങള് ജയിക്കാത്ത ഒരു സഭയുടെ പണിയെ കർത്താവ് തന്നെ ചെയ്യും അപ്പോൾ സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവിന് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് വേണ്ട നമ്മൾ ഈ സഭാ പണിക്കായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കഴിവുകളിൽ നോക്കണ്ട നമ്മുടെ റിസോഴ്സില് നമ്മൾ അതിലല്ല കണ്ണു അല്ലെങ്കിൽ ഭയപ്പെട്ടു പോകേണ്ട കാരണം സകല അധികാരവും ലഭിച്ചിരിക്കുന്ന കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് പോയി ശിഷ്യരാക്കൊള്ള എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ബോധ്യമാണ് സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നമ്മുടെ കർത്താവിനാണ് ആ കർത്താവാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ് ഒന്നാമത് നമുക്ക് വേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പോയി ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ള കാര്യമാണ് ശിഷ്യരാക്കിക്കൊള്ളുക ശിഷ്യത്വത്തെക്കുറിച്ച് എവിടെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് ശിഷ്യത്വത്തെ കർത്താവ് തന്നെ പറഞ്ഞത് നമ്മൾ കാണുന്നത് ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികൾ അവിടെ കാണുന്നു നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ നമ്മുടെ അപ്പനെയും അമ്മയെയും ബന്ധങ്ങൾക്കെതിരെ നമ്മൾ നിൽക്കണം കർത്താവിനേക്കാൾ കവിഞ്ഞ് നമ്മുടെ ബന്ധങ്ങൾ വരുമ്പം ആ ബന്ധങ്ങളോട് നോയെന്ന് പറയുകയും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും വേണം എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത് രണ്ടാമത് ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ പടി ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ ആയാലും അതിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ എന്താ അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ലെങ്കിൽ അപ്പോൾ ദൈവം നമുക്ക് തന്ന പൊസൻസ് ഉണ്ട് നമുക്ക് തന്ന ചില കാര്യങ്ങളുണ്ട് സമ്പത്തുണ്ട് നമ്മുടെ ജോലിയുണ്ട് നമ്മുടെ വീടുണ്ട് നമ്മുടെ വാഹനമുണ്ട് ഇതെല്ലാം ദൈവം നമുക്ക് തന്നതാണ് പക്ഷെ അതൊക്കെയും മനസ്സുകൊണ്ട് നമ്മൾ വിട്ടുപിരിയണം എന്നുവെച്ചാൽ ദൈവത്തേക്കാൾ കവിഞ്ഞ് അത് നമുക്കൊരു വിഗ്രഹമായി തീരരുത് ഇതാണ് ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ പടി മൂന്നാമത്തെ പടി നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം നേരത്തെ നമ്മൾ ഇരുപത്തിയാറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു സ്വന്തം ജീവനെക്കൂടെ പായിക്കണം എന്നിട്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോകണം സ്വന്തം ജീവനെ പായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം ജീവനെ പായിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ നമ്മുടെ പ്രസ്റ്റീജോ നമ്മുടെ പദവിയോ നമ്മുടെ അഭിപ്രായമോ അതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത് കർത്താവായിരിക്കണം അപ്പം ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികൾ അവിടെ പറഞ്ഞു നമ്മുടെ ബന്ധങ്ങളെക്കാൾ കർത്താവായിരിക്കണം നമുക്ക് പ്രധാനം നമ്മുടെ വസ്തുവകകളേക്കാൾ കർത്താവായിരിക്കണം നമ്മുടെ നമുക്ക് പ്രധാനം നമ്മുടെ തന്നെ സ്വയത്തേക്കാൾ കർത്താവായിരിക്കണം നമുക്ക് പ്രധാനം എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങളെ നിഷേധിച്ച് ഏർ സ്വന്തം ഇഷ്ടത്തെ മെടിഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കാനായിട്ട് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും കർത്താവിനെ അനുഗമിക്കുക ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പടികൾ അപ്പോൾ നമ്മൾ ശിഷ്യത്വത്തിൻ്റെ ഒരു വഴിയിൽ സഭ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ഒന്നാമത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണോ എന്നുള്ള കാര്യം നമ്മൾ നമ്മള് ശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായത് വേണം നമ്മൾ മറ്റുള്ളവരോട് പറയാൻ അപ്പോസ്സല പ്രവൃത്തി ഒന്നിൻ്റെ ഒന്നിലെ നമ്മൾ അങ്ങനെയാണോ ആണല്ലോ വായിക്കുന്നത് ഏഹ് ചെയ്തും കർത്താവ് എന്ത് ചെയ്തു തൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ അപ്പോസ്റ്റൽമാരെന്ത് ചെയ്തു അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് പഠിപ്പിച്ചത് അല്ലാതെ സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാത്ത ഒരു കാര്യമല്ല പറഞ്ഞത് അപ്പോസ്ലപ്പുറത്തി ഒന്നിൻ്റെ ഒന്നിൽ തേഫിലീസ് എന്ന് പറഞ്ഞ് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ചെയ്തു ഉപദേശിച്ചും തുടങ്ങിയ കണ്ടോ ചെയ്തു പിന്നീടാണ് ഉപദേശിക്കുക അപ്പം തൻ്റെ ജീവിതത്തിൽ യാഥാര്ത്ഥ്യമാക്കിയതാണ് കർത്താവ് ഉപദേശിച്ചത് അപ്പൊസ്റ്റന്മാരും അങ്ങനെ ആയിരുന്നു നമ്മളും അങ്ങനെ ആയിരിക്കണം ശിഷ്യത്വത്തിൻ്റെ ഒരു സഭ ആ പ്രവർത്തിയിലെ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഈ ശിഷ്യത്വത്തിൻ്റെ മൂന്ന് പടികളും യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് നോക്കണം മൂന്നാമതായിട്ട് നമ്മൾ പത്താ ഇരുപത്തെട്ടിൽ നമ്മൾ വായിച്ച പതിനെട്ട് ഇരുപത് വാക്യങ്ങളിൽ മൂന്നാമത് നമ്മൾ കാണുന്ന സകല ഓൾ നേഷൻസ് സകല ജനതയെയും നമുക്ക് ഇതിൻ്റെ അകത്തൊരു സങ്കുചിത മനോഭാവമില്ല ഈ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് ആര് ഏത് ജനത ഏത് പശ്ചാത്തലത്തിലുള്ള ആളുകൾ വന്നാലും അവരെ നമ്മൾ സഭയിൽ ഉൾക്കൊണ്ട് അവരെ ശിക്ഷത്വത്തിൻ്റെ വഴിയിൽ നടത്താൻ നമ്മൾ തയ്യാറാകണം അടുത്തതായിട്ട് നമ്മൾ ആഹ് മത്തായി ഇരുപത്തിയെട്ടില് നമുക്ക് കാണാൻ കഴിയുന്നത് അവരെയൊക്കെയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കണ്ടോ അവിടെ കണ്ടോ ആ മുഴുവനും അവിടെ വന്നിട്ടുണ്ട് ഏതൊക്കെയാ പറഞ്ഞത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ത്രിയേകത്വം ഇന്ന് വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ മത്തായി ഇരുപത്തെട്ടിൻ്റെ പത്തൊൻപതില് നമ്മൾ കാണുന്നത് ഈ മൂന്ന് പേരും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കണ്ടോ സത്യത്തെ ഇവിടെ ഗ്രാമറിലൊരു തെറ്റുണ്ട് എന്താ ഗ്രാമറിലെ തെറ്റ് മൂന്ന് കർത്താക്കന്മാരാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് കർത്താക്കന്മാര് ചെയ്യുന്ന ക്രിയ എന്താ ഏർ കർത്താക്കന്മാര് ക്രിയ ക്രിയ അത് സിംഗുലറിലുമാണ് പറഞ്ഞിരിക്കുന്നത് ഏർ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല നാമങ്ങളിൽ സ്നാനം കഴിപ്പിച്ചു എന്നല്ല നാമത്തിൽ അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്നത് ഈ മൂന്ന് പേരും ഒന്നായത് കൊണ്ടാണ് അവർക്ക് കണ്ടോ അപ്പോൾ നമുക്ക് ആ സ്നാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം തൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പിന്നീട് എന്താ കൽപ്പിച്ചതൊക്കെയും കൽപ്പിച്ചതൊക്കെയും നമ്മൾ എല്ലാ കാര്യങ്ങളും കൽപ്പിച്ചതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ ഒരു കാര്യത്തെ നമ്മൾ ഗൗരവമായിട്ടെടുത്താൽ നമ്മളെപ്പോഴും നിരന്തരം ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പടിവാതിക്കൽ ജാകരിക്കുന്നവരായിരിക്കും കാരണം എന്താ നമ്മളെപ്പോഴും ഒരു എളിമയിൽ നിൽക്കും കാരണം കർത്താവേ നീ കൽപ്പിച്ചത് മുഴുവൻ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സ്വന്തം അപര്യാപ്തത നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കും ലൂക്കോസ് പതിനേഴിൻ്റെ പത്തിലെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഏഹ് ഒരു ദാസനവൻ കൽപ്പിച്ചതൊക്കെയും ചെയ്തേച്ച് കൽപ്പിച്ചതൊക്കെ ചെയ്തു പക്ഷെ എന്നിട്ടവൻ പറയുന്നത് എന്താ അപ്രയോജനദാസന് നമ്മളും കർത്താവ് കൽപ്പിച്ച പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ ശേഷവും നമ്മൾ യഥാർത്ഥത്തിൽ ദൈവോജനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവ എനിക്ക് നൂറ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള നീ എന്നെ സഹായിച്ചാലേ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചാലേ കഴിയുള്ളൂ എന്നുള്ള വിനയത്തിലും അതിനെ തുടർന്നുള്ള താഴ്മയിലും കർത്താവിൻ്റെ പടിവാദുക്കൾ നിൽക്കുന്ന മനോഭാവത്തിലും നമ്മൾ നിൽക്കും കൽപ്പിച്ചതൊക്കെയും അടുത്ത രണ്ട് കാര്യങ്ങൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഞാ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ ഞാൻ എന്തോ ചെയ്യും സകല അധികാരവും ദൈവത്തിനാണെന്ന് മനസ്സിലാക്കി ശിഷ്യരാക്കുകയും സകല ജാതികളെ അംഗീകരിക്കുകയും സ്നാനപ്പെടുത്തുകയും കൽപ്പിച്ചതൊക്കെയും ചെയ്യുന്ന ആളുകളുടെ കൂടെ കർത്താവിൻ്റെ ഒരു വാഗ്ദാനം എന്താ ഞാനോ നിങ്ങളോട് കൂടെ പ്രിയമുള്ളവരെ നമുക്ക് ഇതിൽ കൂടുതൽ വേണോ കർത്താവ് നമ്മോട് കൂടെ അടുത്ത വാഗ്ദാനം എന്താ ലോകാവസാനത്തോളം ഏഹ് ലോകാവസാനത്തോളം ഓരോ ദിവസവും നമ്മുടെ ജീവിതാന്ത്യത്തോളം ഓരോ ദിവസവും ഏഴ് കൂട്ടം കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്ന് സകല അധികാരവും ദൈവത്തിനാണ് നമ്മൾ ആ ഒരു ബോധ്യത്തിൽ എല്ലാവരെയും ശിഷ്യരാക്കണം സകല നമ്മൾ ഉൾക്കൊള്ളണം അതുപോലെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കല്പിച്ചതൊക്കെയും ചെയ്യണം എന്നിട്ട് ആ ബോധ്യത്തിൽ ദൈവസന്നിധിയിലെ നിരന്തരം വിനയത്തോടെ ജീവിക്കണം അങ്ങനെയെല്ലാം കഴിയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം കർത്താവ് നമ്മുടെ കൂടുണ്ട് എന്ന് ലോകാവസാനത്തോളം നമ്മുടെ ജീവിതാന്ത്യത്തോളം അത് നമ്മൾ ഇംഗ്ലീഷിൽ ഒരിടത്ത് വായിക്കുമ്പോൾ ഈച്ച് ഡേ ഓരോ ദിവസവും ഓരോ ദിവസവും ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ നാളും ഓൾ ഡേ എന്ന് മലയാളത്തിൽ വായിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു വേർഷനില് ഈച്ച് ഡേ ഓരോ ദിവസവും നമ്മുടെ കൂടുണ്ട് ഇന്ന് വലിയ പ്രയാസങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഈ വാഗ്ദാനങ്ങൾ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ കർത്താവിൻ്റെ സഭയുടെ ഒരു പണിക്കായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവിൻ്റെ അതേ പ്രവർത്തന നമ്മൾ മുന്നോട്ട് പോവുകയും കർത്താവ് പറയുന്നു സഖേല അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു മകനെ മകളെ വിഷമിക്കണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ലോകാവസാനത്തോളം ഓരോ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ നിന്റെ കൈ പിടിക്കാം നീ വിഷമിക്കണ്ട നീ ഈ പ്രവൃത്തി ഞ വിധത്തിൽ നീ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ചെയ്യുക ആ സഭയുടെ പണിയിൽ ഏർപ്പെടുക നോഹയുടെ കാലത്ത് പെട്ടകം പണിയുന്നതുപോലെ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യം നമ്മൾ ചെയ്യുമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടുണ്ട് നമ്മളെ അവിടുന്ന് കൈവിടുകയില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ